ഹരി ഓ അന്തരാപാത്ത ശാത്തപാവനമചിന്യവൈഭവം തന്നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക് തുന്തിലം മഹ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദിവോ മഹേശ്വര ഗുരുസക്ഷാ തസ്മൈ ശ്രീ ഗുരവ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവ്യേ ദക്ഷിണമൂർത്തീയമവലോകയമാഭീക്ഷണ परमया പ്രേമാർ പരമയാതി ദീനം കാളാഹി സകലലോകഭുജതിഭീതം ഭക്യാ പുനീ പുരുഷോത്തീനബന്ധോ ഈശ പ്രസീദ പരമേശ്വര താഹാരിന് സ്വാഹം കൃതി ജഹീതി സദാ ലം ദയ ചീക്ഷക്ഷയ ദീനദീനം ഭ പുരുഷോത്തീന ബന്ധു ജനീനമതിഘോരവിതണ്ഡവാദം കനമദിനൂഢബുദ്ധി സംസാരമോഹജലധാവതി മുഹ്യമാനം ഭക്ുനീ പുരുഷോത്തീനബന്ധു നിാസ്തു ധനദോകവിഗർഹ്യർത്ത സ്വാത്മൻപരു ഗുണദോഷ കഥ നി പരമേശ്വര പാദപത്മീ ഭക്നീഹ പുരുഷോത്തീന ബന്ധൂ നിത്യേ മതിർവമതിർ ജഡേ കി ചേതശ്ച ലോകവിഷയു വിരാഗയു ശീതോഷ്ണത്വന്ദ്സമത സാധാ ദ ഭ പുരുഷോത്തമദീനു ആശാ വിഹയ വിഷയേഷു വിശോപമേഷു ബോധേ സ്വപിമ നിരുൂഢബുദ്ധി ജാനേ ചൈതരഹിതുവിമർശനം ഭക്ഷോത്തമദീനബന്ധു ലീലകഥവണിത്രീ ൃവൻ സതാ ഹൃദയതൊ മുഖാത് സ്രവീം ധ്യയൻ വസാമു വിജനെ ഭഗവൻ കൃപ്ധി ഭക്ു പുരുഷോത്തീന ബന്ധോ തേജോമയം പരമശുദ്ധമതി തഹ്രേ വസന്തം ദ്രഷു ചൂക്ഷ്മ മനസീയ ൂപം ഭ പുരുഷോത്തമദീനു സത്സംഗതിു ചിത്രം ഭക്തീന മനുജോദ്ധരണേ ചത്ന ദ്വേഷോ നു ചേകുറക്രുഷോത്തമദീനു വിജനദാരധരാസു ലോക േഹ സ്വീയ പരഭാവ വിമർദന ഭൂതമത ഭീ പുരുഷോത്തീന ബന്ധു ഓ പ്രവിശ്യ മമവാചയിമാസുപ്ജീവയത് കില ശക്തിധര സ്വധാനസ്ത്രവണ ാദീൻ भगवते പ്രാണന്നോ ഭഗവത്തെ പുരുഷാഭ്യം ഹരി ഓ പാർയ പ്രതിബോധിത നാരായണേന സ്വയം വ്യാസന ഗ്രഥിതമുനി മധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷിണീ भगवतीं भगवद्गीते അാദശാധ്യനി അംബ ക്സന്ദമ ഭഗവത്ഗീതീ നമോസ്തു വ്യാസവിശാലുദ്ധേ ഫുല്ലേത്രയാ ഭാരതൈലപൂർണ പ്രജ്വാലിതോ ജാനമയ प्रदीपः പ്രപന്നാതോത്രേത്രൈകാണേ ജാനമുദ്രാ കൃഷ്ണ ഗീതൃതേ നമോപനിഷദോ ഗാവോ ദുക്ോപാലനന്ദന പാർോ വത്സുഭീർഭോക്ത ദുഗ്ധീതമൃതം വഹത് വസുദേവുത കംസാണൂരമർദനം ദീ പരമാനന്ദ വേ ജഗദ് പങ്കു ലംകയേ ഗിരിത്മഹം വന്ദേ പരമാനന്ദമാധവ്രഹ്മാവരുണേന്ദ്ര രുദ്രമരുതൃവന്തി േൈ സാംഗപദക്മോപനിഷദൈ ഗായഗാധ്യാസ്ഗത്തെ മനസാ പശ്യം യോഗിനോ യം നദുസുരാഗണ ദേവാ യഥസാരഥിണ ശുഭം ഗിരം പാർത്ഥസ്യാർത്തിമൂർത്തിന ഗീത ഭഗവത്ഗീത പതിനെട്ട് വർഷം വിച്ഛിത്തി കൂടാതെ ഓരോ വർഷം ഓരോ അധ്യായം എന്ന നിലയ്ക്ക് യജ്ഞമായിട്ട് ചെയ്തു വന്ന് സമർപ്പിക്കുക എന്നുള്ളതൊരു വലിയ ഈശ്വരാനുഗ്രഹം ഭഗവത്ഗീത എന്താണ് എന്നുള്ളത് ഓരോരു യജ്ഞം തുടങ്ങുമ്പോഴും നമ്മൾ ഓർക്കണം എഴുന്നൂറ് ശ്ലോകത്തിൽ വേദാർത്ഥം മുഴുവനും സംഗ്രഹിച്ചിരിക്കുകയാണ് ഭഗവാൻ ഈ അധ്യായം തുടങ്ങുമ്പോഴും ശങ്കരാചാര്യർ പറഞ്ഞു വേദാർത്ഥം മുഴുവനും സംഗ്രഹിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്നു മനുഷ്യന് ജീവിക്കാൻ അഥവാ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഗീതയിലുണ്ട് കർമ്മം ശരീരത്തിന് ഉപാസന മനസ്സിന് ജ്ഞാനം നമ്മളുടെ സ്വരൂപത്തിന് വേദത്തിലും ഈ മൂന്നുമുണ്ട് കർമ്മകാന്ഡം ഉപാസനാകാന്ഡം ജ്ഞാനകാന്ഡം ഈ അധ്യായമും മോക്ഷസന്യാസയോഗം എന്ന് പറയുന്ന ഈ അധ്യായമും ഗീതയുടെ പര്യവസാനമാണ് ജ്ഞാനം സന്യാസലക്ഷണം എന്നു ജ്ഞാനമാണ് സന്യാസത്തിന്റെ ലക്ഷണം അഥവാ ജ്ഞാനത്തിന്റെ സ്വരൂപം തന്നെയാണ് സന്യാസം എന്ന് പറയുന്നത് രണ്ടുവിധത്തിലും പറയാം സന്യാസം എന്ന വാക്ക് ഗീതയില് തുടരെ തുടരെ വരുന്നുണ്ട് അതിനർത്ഥം ആത്മജ്ഞാനം എന്നാണ് അർത്ഥം സ്വരൂപജ്ഞാനം എന്നാണ് അർത്ഥം ആ സ്വരൂപജ്ഞാനത്തിന് അഥവാ നമ്മളെ നമ്മൾ അറിയുന്നതിന് എന്തൊക്കെയോ അറിയണു പല വിഷയങ്ങൾ അറിയുന്നു എല്ലാം അറിഞ്ഞിട്ടും അവനവനെ അറിയാതെ കഴിച്ചുകൂട്ടും ഭഗവാനെ അറിയണമെങ്കിൽ എങ്ങനെ അറിയും നമ്മളെ അറിഞ്ഞാലേ അറിയാനൊക്കൂ ഹരിനാമകീർത്തനകാരൻ പറഞ്ഞു എങ്ങനെ നാരായണനെ അറിയുന്നുവച്ചാൽ ഈ പ്രപഞ്ചമൊക്കെ കാണുന്നു കാണുന്ന കണ്ണ് അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തു ഹരിനാരായണായ നമ ഈ പ്രപഞ്ചത്തിനെ കാണുന്ന കണ്ണ് ഈ കണ്ണിനു പുറകിൽ മനസ്സാകുന്ന കണ്ണ് മനസ്സാണല്ലോ കണ്ണിലൂടെ വന്ന് പുറത്ത് കാണുന്നത് മനസ്സിൽ വരുന്ന വിഷയങ്ങളെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഉള്ളിൽ ഒരു സാക്ഷി ചൈതന്യം ഒരു ജ്യോതി അതാണ് എന്റെ സ്വരൂപം അതാണ് ഞാൻ എന്ന് അറിഞ്ഞ് അതാണ് തൻ എന്റെ സ്വരൂപം ആ സാക്ഷി ചിത്തത്തിനും സാക്ഷിയായിട്ട് ബുദ്ധിക്കും സാക്ഷിയായിട്ടിരിക്കുന്ന ബോധം അതാണ് എന്റെ സ്വരൂപം എന്ന് ഉറയ്ക്കുമളവ് എന്നുവച്ചാൽ ആ ആത്മാവാണ് ഞാൻ എന്ന അനുഭവം അനുഭൂതി ദൃഢമാകുമ്പോ ആനന്ദമെന്തു ഹരിനാരായണ ആ ആനന്ദത്തിന് എങ്ങനെ പറയും എന്നാണ് ആ സൗഖ്യത്തിന് ആ സുഖത്തിന് എങ്ങനെ പറയും ഞാൻ ആത്മാവാണെന്ന് അറിയുന്നതോടുകൂടെ വേദാർത്ഥം മുഴുവൻ കഴിഞ്ഞു ആരാണോ ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞത് अ उपनिषत् वेदा तेदावं अदेवा वेद वेदमलाइट तीरणु वेदा संक्षेप ज्ञान कह अः वेदंपलो आवश्यम വേദാഹ അവന്തി ദേവാഹഅ അദേവഹ ഭവന്തി അതുകൊണ്ടാണ് ശങ്കരാചാര്യര് വേദമൊക്കെ പഠിച്ചിട്ട് എട്ട് വയസ്സിൽ വേദാധ്യയനം കഴിഞ്ഞു എന്നാണ് തനിക്ക് പഠിക്കേണ്ട ശാഖ സമാപിപ്പിച്ചു എന്നിട്ട് ഗോവിന്ദ ഭഗവത് പാദരുടെ നിന്ന് കുട്ടി നീ ആരാണ് എന്ന് ചോദിക്കുമ്പോ പറഞ്ഞു ജ്ഞാന സാങ്കം ന ശം നാഞ്ചരാത്രം ജൈനം നീമാംസാ നോക്കാ നേദ നജ്ഞാർത്ഥം ബ്രുവന്തിഷുപ്തൗ നിരസ്തൂനയാത്മകോ വശിഷ്ട ശിവലോഹം നീ ആരാണ് ചോദിക്കുമ്പോ ഈ കൊച്ചുകുട്ടി ഒരു ഗുരുവിന്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോ ആ ഗുരു ചോദിക്കുകയാണ് നീ എന്തു പഠിക്കാനാണ് വന്നിരിക്കുന്നത് വേദം പഠിക്കാൻ വന്നിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ വേദം പഠിക്കാനല്ല ഏത് ഉള്ളത് കൊണ്ട് പഠിപ്പും നടക്കണമോ ഏതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അമ്മ അച്ഛൻ ബന്ധുക്കൾ ഒന്നുമില്ലയോ സുഷുപ്തി അവസ്ഥയിൽ സുഖമായിട്ട് ഉറങ്ങുമ്പോ നമുക്ക് അമ്മയുണ്ടോ അച്ഛനുണ്ടോ വേദമുണ്ടോ ദേവന്മാരുണ്ടോ ലോകമുണ്ടോ ശരീരമുണ്ടോ ഒന്നുമില്ല അല്ലേ സുഖമായിട്ട് ഇരുന്നു എന്ന് പറയണു എഴുന്നേറ്റ് കഴിയുമ്പോൾ അവിടെ യാതൊരു വസ്തു ഉണ്ടായിരുന്നു അവിടെ യാതൊരു സത്ത് ഉണ്ടായിരുന്നു എക്സിസ്റ്റൻസ് ഉണ്ടായിരുന്നു അതാണ് എന്റെ സ്വരൂപം അത് ശിവം സർവമംഗളമായിട്ടുള്ളത് അതിന് ജനനം വരണം ഒന്നുമില്ല ശിവമാണ് ഞാൻ സുഷുപ്തിയിലും യാതൊരു വസ്തു ഉണ്ടായിരുന്നുവോ സുഖസ്വരൂപമായിട്ടുണ്ടായിരുന്നുവോ നേടിയെടുത്ത് പുറത്തുനിന്ന് നേടിയെടുത്ത സുഖമല്ല പ്രാപിച്ച സുഖമല്ല അത് സ്വാഭാവികമായ സുഖം ഇന്നലെ നമ്മള് ശങ്കരാചാര്യർ പറയണത് കേട്ടു അല്ലേ ആ ഒരു ബുദ്ധിമുട്ടുമില്ല ആർക്ക് ഗുരു അനുഗ്രഹം കിട്ടിയ ആളുകൾക്ക് ഈ സത്യമറിയാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ബാഹ്യകാര നിവൃത്ത ബുദ്ധീനം ലബ്ധ ഗുരുവാത്മപ്രസാദാനം അതം സുഖം സുപ്രസിദ്ധം സ്വാസന്നം അസ്തി ഇത്ര അടുത്തുള്ളത് ഇത്ര സുവിജ്ഞേയമായിട്ടുള്ളത് ഇത്ര സുഖകരമായിട്ടുള്ളത് ഇത്ര എളുപ്പമായിട്ടുള്ളത് വേറെ ഒന്നുമില്ല എന്നാണ് ആർക്കാന്ന് വെച്ചാൽ ലബ്ധ ഗുരുവിന്റെ കൃപയും അന്തര്യാമിയായ ഭഗവാന്റെ കൃപയും കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പം ഉദ്ധവർ ഭാഗവതത്തില് കൃഷ്ണന്റെ കാൽവീണ് നമസ്കരിച്ച് എനിക്ക് അനുഗ്രഹിക്കൂ അവിടുന്നാണ് എനിക്ക് ഗുരു എന്ന് പറഞ്ഞപ്പോ കൃഷ്ണൻ പറഞ്ഞു ഉദ്ധവാ ഗുരു ഉള്ളിലുണ്ട് ആത്മനോ ഗുരു ആത്മൈവ പുരുഷസ്യ വിശേഷത യ പ്രത്യക്ഷ അനുമാനാഭ്യാം ശ്രേയോസോ ഈ വിവേകം എന്ന് പറയുന്ന ഒരു ഗുരു ഉണ്ട് അയാളെ നിങ്ങള് അവഗണിച്ചു കഴിഞ്ഞാൽ ആ പുറത്ത് ഗുരു വന്നിട്ടും കാര്യമൊന്നുമില്ല വിവേകമെന്ന് പറയുന്ന ആന്തരികമായിട്ടുള്ള ഗുരു ആ ഗുരുവിനെ വെച്ചുകൊണ്ട് പ്രത്യക്ഷ അനുമാനാഭ്യം അസൗ അനുവിന്ദ് കാണുന്ന കാര്യത്തിൽ ചിലത് പഠിക്കും ചിലത് അനുമാനത്തിൽ നിന്ന് പഠിക്കും ശാസ്ത്രത്തിൽ നിന്ന് പഠിക്കും പുഷ്പേഭ്യൈവ്പദം ഒരു പുഷ്പത്തിൽ നിന്ന് ഒരു വണ്ട് തേനെടുക്കുന്ന പോലെ ഇവിടെ നിന്നും അവിടെ നിന്നും ഇവിടെ എന്ത് ചെയ്യണോ ശാന്തി നേടും പരിപാടപ്പെടുത്തി സർവത്യാഗം നടത്തുന്നു അവസാനം എന്താ അറിയണത് എല്ലാത്തിനെയും ത്യജിക്കാൻ ഒരു വഴിയുണ്ട് എങ്ങനെ ത്യജിക്കും പ്രപഞ്ചത്തിന് മുഴുവൻ എങ്ങനെ ത്യജിക്കും ഋഷിയുടെ ഒരു ചോദ്യമാണ് എങ്ങനെ ത്യജിക്കും എന്നാണ് ശങ്കരാചാര്യർ തന്നെ ചോദിച്ചു ഉത്തരം പറയണു ഇതൊക്കെ ഇപ്പൊ ഇപ്പൊ തല്ലി പൊട്ടിച്ചില്ലാതാക്കാൻ പറ്റുമോ പ്രപഞ്ചത്തിന്റെ രൂപത്തിനെ ത്യജിക്കണം ത്യജിച്ചാലേ മുക്തിയാവുള്ളൂ എങ്ങനെ ത്യജിക്കൂ എന്ന് വെച്ചാൽ ബ്രഹ്മാത്മത്വ അവലോകനത്ത് ത്യാഗോഹി മഹതാം പൂജ്യ സദ്യോ മോക്ഷമയോ വിതുക ഇപ്പത്തന്നെ ഒരാൾ മുക്തനായിട്ട് തരും ജീവൻ മുക്തനായിട്ട് തീരും എങ്ങനെയെന്ന് വെച്ചാൽ കാണുന്നത് പ്രപഞ്ചമാണെന്നും ഇത് ആകാശമാണെന്നും ഇത് കാറ്റാണെന്നും ഇത് ഭൂമിയാണെന്നും ഇത് വെള്ളമാണെന്നും ആരോ പറഞ്ഞു തന്നിട്ടാ നമുക്ക് തോന്നണത് അല്ലേ ഇതിന് വെള്ളം ഇത് മണ്ണ് ഇത് ആകാശം ഇത് ഭൂമി ഇത് വെള്ളവുമല്ല ഇത് മണ്ണുമല്ല ഇത് ആകാശവുമല്ല ഇത് കാറ്റുമല്ല ഇത് മുഴുവൻ പരമാത്മ സ്വരൂപമാണ് എന്ന് ഗുരു പറഞ്ഞു തരണോ അതേപടി എടുക്കും അതാണ് പ്രഹ്ലാദന്റെ അനുഭവം ഭാഗവതത്തിൽ പ്രഹ്ലാദൻ പറയണു ത്യു അഗ്നി അവനിർംബുമാത്രേന്ദ്രിയുഗ്രഹശ്ശവമ സഗുണോ വിഗുണശ്ശൂമൻ നാനൃത്വസ്ഥനോ വചസക്തം പുറമേക്ക് നോക്കി പഞ്ചഭൂതാത്മകമായി കാണുന്നതൊക്കെ ഭഗവാന്റെ സ്വരൂപമാണ് കണ്ണടിച്ചു ഉള്ളിൽ നോക്കിയ ചിത്തവൃത്തികളായിട്ടും അഭിമാനമായിട്ടും മനസ്സായിട്ടും ബുദ്ധിയായിട്ടും ഞാൻ നീ എന്ന് തോന്നുന്നതൊക്കെ പരമാത്മ സ്വരൂപമാണ് കടലിലെ അലയും കുമിളയും പോലെ ഒക്കെ ഉദിക്കുന്നു നിൽക്കുന്നു അസ്തമിക്കുന്നു ഉള്ളത് വെള്ളം മാത്രമാണ് സലില ഏകോ ദ്രഷ്ട അദ്വൈത്തോ ഭവതി വെള്ളം എന്ന് മാത്രം കാണുമ്പോ അവൻ ഏകത്തിൽ നിഷ്ഠാനായിട്ട് തീരും രണ്ടാമതൊന്ന് കണ്ടാ ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ പദമിണ്ടാവതല്ല മമ പണ്ടേക്കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കിൽ ഇഹ നാരായണായനമ പണ്ടേ കണക്കെന്നുവെച്ചാൽ വീണ്ടും രണ്ടില്ലാത്ത അദ്വൈതമായ ജ്ഞാനസ്ഥിതിയിലേക്ക് സ്വരൂപസ്ഥിതിയിലേക്ക് ആ സ്വരൂപാനുഭവത്തിന് ആണ് സന്യാസം എന്ന് പറഞ്ഞത് അപ്പോ എല്ലാം ആത്മസ്വരൂപമായിട്ട് കണ്ടുകഴിയുമ്പോ ആ വസ്തു ആ വസ്തുവായിട്ട് ത്യജിക്കപ്പെട്ടു ഇപ്പൊ ഇവിടെ സ്ത്രീകൾ ഇരിക്കുന്നുണ്ട് പുരുഷന്മാരി ഇരിക്കുന്നുണ്ട് കൊച്ചുകുട്ടികൾ ഇരിക്കുന്നുണ്ട് വയസ്സായിട്ട് നടക്കാൻ വയ്യാത്ത ആളുകൾ ഇരിക്കുന്നുണ്ട് അല്ലേ നമ്മൾ എന്റെ ദൃഷ്ടിയിൽ സ്ത്രീകളാണ് പുരുഷന്മാരാണ് നടക്കാൻ വയ്യാത്ത ആളുകൾ കുട്ടികൾ എന്ന് പറഞ്ഞു ഇതേ രൂപത്തിനെ വെച്ചുകൊണ്ട് ശ്വേതാശ്വേതൂപനിഷത്തില് ഋഷി പറയുന്നു ത്വം സ്ത്രീ ത്വംസിം കുമാര ഉദവാകുമാരി ത്വം ജീർണോ ദേന വഞ്ചസി ഭഗവാനെ അവിടുന്ന് സ്ത്രീയാണ് അവിടുന്ന് പുരുഷനാണ് അവിടുന്ന് കുമാരനാണ് അവിടുന്ന് കുമാരിയാണ് വൃദ്ധനായി നടക്കാൻ വയ്യാതെ വടികുത്തി നടക്കുന്നതും അവിടുന്നാണ് വിശ്വതചക്ഷുരുത വിശ്വതോ മുഖോ വിശ്വതോ ഹസ്ത വിശ്വതസ് ൃഥീ ജനയന്ദ എല്ലാ കണ്ണിലൂടെ കാണുന്നതും എല്ലാ ചെവിയിലൂടെ കേൾക്കണതും എല്ലാ മൂക്കിലൂടെ മണക്കണതും എല്ലാ നാവിലൂടെ രുചിക്കുന്നതും ഒക്കെ ഒരേ പരമാത്മാവാണ് ഒരേ നാരായണനാണ് ഈ ദർശനം ഋഷിക്ക് പ്രപഞ്ചത്യാഗമായിട്ട് തേരുന്നു കാരണം പ്രപഞ്ചമില്ല വേദം തന്നെ ചോദിക്കുന്നു ഈ വൃക്ഷം എന്താണ് ഈ വനം എന്താണ് കിം തദ്വനം കോസോ വൃക്ഷ ഈ വൃക്ഷം എന്താണെന്ന് ചോദിച്ച് ശ്രുതി തന്നെ ഉത്തരം പറയുന്നു ബ്രഹ്മ തദ്വനം ബ്രഹ്മസ വൃക്ഷ ആസീത് ഈ വനം ബ്രഹ്മമാണ് ഈ വൃക്ഷം ബ്രഹ്മമാണ് അപ്പൊ വൃക്ഷം വനം എന്ന് പറയുന്നത് നമുക്ക് തോന്നണതാ തെങ്ങ് നമ്മളൊരു പേര് പറയണു തെങ്ങ് എന്ന് വിളിച്ചാൽ അതിനറിയോ അതിന് തെങ്ങ് എന്ന് പേരുണ്ടെന്ന് അറിയൂ നമ്മളാണ് നമ്മളുടെ വ്യവഹാര സൗകര്യത്തിന് അതിന് തെങ്ങ് എന്ന് പേര് കൊടുക്കുന്നത് തേക്ക് എന്ന് പേര് കൊടുക്കണത് പെലാവ് എന്ന് പേര് കൊടുക്കണത് അല്ലേ ആ വൃക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇരിപ്പ് മാത്രമാണ് അതൊരു സച്ചിദാനന്ദം മാത്രമാണ് എല്ലാത്തിനും അവനവന്റെ ഇരുപ്പ് ഇപ്പൊ നിങ്ങളെ ഞാൻ കാണുമ്പോ നിങ്ങളുടെ രൂപം കാണും നിങ്ങളെ ചിന്തിക്കുമ്പോ നിങ്ങളുടെ രൂപം ചിന്തിക്കും പക്ഷെ എന്നെ ഞാൻ ചിന്തിക്കുമ്പോ നിങ്ങളെ നിങ്ങൾ ഓർക്കുമ്പോൾ എന്താ ഓർക്കുക നിങ്ങളുടെ ഈ രൂപം മനസ്സിൽ വരുവോ മെനക്കെട്ട വരുവോ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഇത് എന്റെ ഫോട്ടോ ആണെന്ന് പറയണ്ടല്ലോ നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവത്തിൽ ഈ രൂപമുണ്ടോ ഒരനുഭവം മാത്രമേ ഉള്ളൂ കേവലാനുഭവ അനുഭവം ഒരു അസ്തിത്വം അനുഭൂതി സ്വയം പ്രകാശ അനുഭൂതിത്വാത് അനുഭൂതിവദ് എന്നാണ് അതിന് പറയുക ആ അനുഭൂതി സ്വയം പ്രകാശമാണ് താനേ തന്നെ അറിഞ്ഞുകൊണ്ട് അഹം അഹം ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്ന അനുഭവം അല്ലേ നമ്മളുടെ രൂപം മെനക്കെട്ടാ പോലും നമുക്ക് വരില്ല നമ്മുടെ മുതുക് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്ങനെയുണ്ടാവും ചോദിച്ചാൽ വേറെ ആരോടെങ്കിലും ചോദിക്കണം എന്റെ ഈ സ്ഥലം എവിടെ എന്റെ ഒന്ന് പറഞ്ഞു തരു ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു തരുന്ന് നമ്മളുടെ ലിവറോ കിഡ്നിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ലിവർ സ്പെഷ്യലിസ്റ്റ് പോലും മറ്റുള്ളവരുടെ ലിവർ കണ്ടിട്ടുണ്ടെന്നല്ല അയാളുടെ ലിവറൊന്നും കണ്ടിട്ടില്ല കിഡ്നി ഹാർട്ട് ഒക്കെ വെറും മാർസ് ജൂപ്പിറ്റർ എന്നൊക്കെ പറയണ പോലെയാണ് നമുക്ക് കിഡ്നിയും ഹാർട്ടും ഒക്കെ പരോക്ഷമാണ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല അത് ടെലസ്കോപ്പ് വെക്കണം ഇത് വേണമെങ്കിൽ വല്ല മൈക്രോസ്കോപ്പ് എന്തോ ഒരു സ്കോപ്പാണ് ഉണ്ട് കണ്ടിട്ടില്ല ഒക്കെ നമ്മളിൽ നിന്ന് അന്യമാണ് ൊറ്റ അനുഭവമേ ഉള്ളൂ ഞാനുണ്ട്ന്നുള്ള ഒരു അനുഭവമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അത് ആണ് ശരീരം ഇത് നമ്മളുടെ ശരീരമൊന്നുമല്ല ഇത് ചത്തുപോയി കഴിഞ്ഞിട്ട് നിങ്ങളൊരു പവർഫുൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ കാണാം കോടിക്കണക്കിന് പ്രാണികൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോണത് ജഡം എന്ന് നമ്മൾ പറയുന്ന സാധനമൊക്കെ വേറെ ആരുടെയോ ശരീരമാണ് അവരിങ്ങനെ ഞെളിഞ്ഞു പോണത് കാണാം അവരെയൊക്കെ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് അവർക്ക് ഓരോരുത്തർക്കും ഞാൻ ഉണ്ടെന്നുള്ള അനുഭവമുണ്ട് അല്ലേ നമ്മളുടെ ഉള്ളിലും ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവമുണ്ട് ഈ അനുഭവമാണ് ആത്മാ ഇതാണ് ബ്രഹ്മം ഹൃദയകുഹരമധ്യേ കേത്രം ഹി അഹം അഹം സാക്ഷാത് ആത്മരുപേണ ഭാതി ഇതാണ് വലിയ മുഴുവൻ സാരം ശിവനെ എവിടെ പോയി തരീം വിഷ്ണുവിനെ പോയി തരീം നമോ അഹം പദ ലോകൂപായ ശിവായ പരമാത്മന ശിവനാരായണ അഹം പദാർ പദത്തിന്റെ പൊരുൾ അഹമഹമെന്ന് അരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ലത് ഏകമാകും എന്ന് നാരായണ പറഞ്ഞു ഈ ഞാൻ എന്നുള്ളത് എന്താണെന്ന് ആരാഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്നുള്ളത് ശരീരമോ മനസ്സോ ഒന്നുമല്ല ജാഗ്രത് സ്വപ്നം സുഷുപ്തി എല്ലാ അവസ്ഥകളും കടന്ന് ശുദ്ധ ചിത്ത് മാത്രമായിട്ട് ശുദ്ധ ബോധം അവബോധമായിട്ട് ജനന മരണാദികളില്ലാത്ത വസ്തുവായിട്ടും അഥവാ നമ്മൾ പരമാത്മാവെന്നും ഈശ്വരൻ എന്നും ഭഗവാനെന്നും വിളിക്കുന്ന പൊരുളായിട്ട് ഹൃദയത്തിൽ അത് പ്രകാശിക്കും അദ്വയം ജ്ഞാനം അത് ഹൃദയത്തില് പ്രകാശിക്കും ആ അനുഭവമാണ് ആ അനുഭൂതി ഒരാളെ നിർവൃത്തനാക്കി ആ വാക്ക് നമുക്ക് വേറെ ഒരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ ഒക്കില്ല നിർവൃത്തി നിർവാണം അല്ലേ നിർവണം എന്നുവെച്ചാൽ നിരാവരണം തന്നെയാണ് നിർവ്വാണം നിർവാണം ആവരണം അങ്ങട്ട് നീങ്ങിക്കഴിയുമ്പോൾ അജ്ഞാനം അങ്ങോട്ട് നീങ്ങിക്കഴിയുമ്പോൾ ഉള്ളിലൊരു നിർവൃത്തി നമ്മളുടെ സ്വരൂപത്തിനെ അറിഞ്ഞു കഴിയുമ്പോ നമ്മളുടെ ചിത്തം മനസ്സ് ഹൃദയത്തിലേക്ക് അതായത് ബോധത്തിന്റെ അനുഭവത്തിലേക്ക് ഞാൻ എന്നുള്ളതിൻ്റെ ഉണ്മയായ സ്വരൂപത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ചെറിയ ശരീരത്തിൻ്റെ ഉള്ളില് അനന്തമായ ഇലയില്ലാത്ത പരിധിയില്ലാത്ത അപരിമിതമായ ഒരു ബോധ ഹൃദയത്തിൽ അനുഭവിക്കും ഇതൊക്കെ ഒരു പോയിട്രി അല്ല ഇത് സത്യമാണ് ഇത് അനുഭവിക്കവേദ്യമായ വിഷയമാണ് ഇതിനെ പറയാനാണ് എല്ലാ വേദങ്ങളും ശാസ്ത്രങ്ങളും ഉപനിഷത്തുകളും ഭഗവത്ഗീതയും ഒക്കെ യജ്ഞിക്കണത് നിങ്ങള് ഞങ്ങളെ ഒന്നും കഴിയില്ലെന്ന് വിചാരിച്ചിരിക്കുന്ന ഈ ശരീരത്തിന്റെ ഉള്ളില് ഊനക്കുൾശൻ ഒളിന്തിരുന്താനെ ഊനുക്കുള് മീൻസ് ഈ ശരീരത്തിന്റെ ഉള്ളില് ഈശൻ ഒളിന്തിരുന്താനെ ഇതിനകത്ത് ശിവൻ ഒളിഞ്ഞിരിക്കുന്നു അങ്ങനെ ഉള്ളില് ആ ഈശ്വരനെ ശിവനെ ാരായണനെ അന്തര്യാമിയായ ഭഗവാനെ കാണണം ഭാഗവതം ഒക്കെ ഇതിന് തന്നെ ഭാഗവതത്തില് പിപ്പലായനോട് ചോദിക്കുന്നുണ്ട് നാരായണൻ ആരാണ് അപ്പൊ ഋഷി പറഞ്ഞു സ്ഥിതി ഉദ്ഭവ പ്രളയഹേതു അഹേതുറസ് യത് സ്വപ്ന ജാഗര സുഷുപ്തിഷു സത് ബഹിശ ദേഹേന്ദ്രിയസു ഹൃദയാ സഞ്ജീവിതാനീ തേഹി പരം നരേന്ദ്ര രാജാവ് ചോദിച്ചപ്പോ പറഞ്ഞു ഈ പ്രപഞ്ചത്തിന്റെ ഉദ്ഭവം സ്ഥിതി ലയം ജന്മാദ്യ യഥ എവിടെയാണോ നടക്കണത് ആ വസ്തു തന്നെയാണ് നിന്റെ ഉള്ളില് ഞാൻ എന്നുള്ള അനുഭവത്തിന്റെ പൊരുളായിട്ട് ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്നവസ്ഥകളും മാറി മാറി വരുമ്പോഴും മാറാതെ അതിനു പുറകിലിരിക്കുന്ന സംവിത്ത് ബോധം അവയർനെസ് ആയിട്ട് കോൺഷ്യസ്നെസ് ആയിട്ട് പ്രകാശിച്ചുകൊണ്ടിരിക്കണത് അല്ലയോ രാജൻ ചോദിക്കുന്ന ആളൊരു രാജാവാണ് അതുകൊണ്ട് പറഞ്ഞു ഹേ രാജാവേ ഇത് നാരായണൻ നീ അന്വേഷിക്കണ നാരായണൻ നിന്റെ ഉള്ളില് നിന്റെ ബോധത്തിൻ്റെ ഉള്ളില് നിന്റെ ചൈതന്യ നിന്റെ അനുഭവത്തിൻ്റെ ഉള്ളില് നിന്റെ അസ്തിത്വത്തിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കണു ഞാൻ എന്ന് പറയുമ്പോ നീ വിചാരിക്കണു നീയാണെന്ന് നാമദേവൻ എന്നൊരു ഭക്തനുണ്ടായിരുന്നു മഹാരാഷ്ട്രത്തില് ആ ഭക്തൻ ജ്ഞാനേശ്വരൻ ഒരിക്കലെ കുറെ ഭക്തന്മാരൊക്കെ കൂടെ ഒരു സ്ഥലത്ത് കൂടി ജ്ഞാനേശ്വരൻ നിവൃത്തിനാഥ് സോപാനദേവ് മുക്താബായി ഒരു കൊച്ചുകുട്ടിയാണ് ഈ മുക്താബായി പെൺകുട്ടി ഇവര് അഞ്ചു കു കുട്ടികളും ഗോരാകുംബർ എന്ന് പറയുന്ന ഒരു വലിയ ജ്ഞാനി അദ്ദേഹം ഒരു കുലാലൻ നമ്മളുടെ ഭാഷയിൽ പറഞ്ഞ കൊശവൻ അദ്ദേഹം ചട്ടി ഉണ്ടാക്കുന്ന ആളാ അദ്ദേഹം പല ഭക്തന്മാർ ആ ഭക്തന്മാരൊക്കെ കൂടി നാമസങ്കീർത്തനമൊക്കെ ചെയ്ത് ഗീതയുമൊക്കെ പറഞ്ഞ് ഒക്കെ രസിച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഊണ് കഴിക്കാനായിരുന്നു അപ്പൊ ഈ നാമദേവന് കൊച്ചുകുട്ടി കാലം മുതൽക്ക് വിഠൽ എന്നുവെച്ചാൽ നമുക്കിവിടെ ഗുരുവായൂരൂപ്പെന്നു പറയണ പോലെ മഹാരാഷ്ട്രത്തിൽ പാണ്ഡുരംഗ് ആ ഭഗവാൻ പ്രത്യക്ഷമായിട്ട് വരികയും കളിക്കുകയോ രസിക്കുകയോ ഒക്കെ ചെയ്യും നാമദേവന്റെ കൂടെ അപ്പൊ നാമദേവൻ വിചാരിച്ചു ഇത് തന്നെയാണ് വലിയ കാര്യം എനിക്ക് ഭഗവാനെ പ്രത്യക്ഷമായിട്ട് എപ്പോ കാണാൻ പറ്റും ഈ വന്നിരിക്കണവർക്കൊന്നും അത് സാധ്യമല്ലല്ലോ എന്നൊരു ചെറിയ ഒരു ഭാവമുണ്ടായിരുന്നു അത്രേ അപ്പൊ ഇവരൊക്കെ കൂടി ഇരിക്കുമ്പോ ആത്മജ്ഞാനം ഉണ്ടാവണം ഈ പുറമേക്ക് രൂപത്തിൽ കണ്ടാൽ മാത്രമായില്ല ഇതിനൊക്കെ അധിഷ്ഠാനമായിട്ടുള്ള പൂർണമായ ഭഗവത് അനുഭവം വരണമെന്ന് നിശ്ചയിച്ചിട്ട് ഈ കുലാലൻ ഈ ഗോരാവുംബറുണ്ടല്ലോ അദ്ദേഹത്തിനടുത്ത് പറഞ്ഞു നിങ്ങൾ എങ്ങനെ ഈ ചട്ടി ഉണ്ടാക്കുക എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ മണ്ണ് കുഴച്ച് അത് ഇതിലിട്ട് ചക്രത്തിലിട്ട് ചുറ്റി അത് പരിപാകം വന്ന് വരാനായിട്ട് അവസാനം തീയിൽ വെക്കും എന്നിട്ട് അത് പാകം വന്നിട്ടുണ്ടോ നോക്കാൻ കയ്യിൽ കോലുണ്ട് ആ കോൽ ഇങ്ങനെ കിഴക്കി നോക്കിയാൽ നല്ല പാകം വന്ന ചട്ടിയാണെങ്കിൽ നല്ല ശബ്ദം അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും ചിലത് പാകം വന്നിട്ടുണ്ടോ തൊട്ടു നോക്കിയാൽ അറിയും അപ്പോ എല്ലാ സാധുക്കളും അവിടെ ഇരിക്കുന്നുണ്ട് അവരെയൊക്കെ കാണിച്ചിട്ട് ജ്ഞാനേശ്വരം പറഞ്ഞു ഈ വന്നിരിക്കുന്ന ചട്ടികളൊക്കെ ഒരു പരിഭാഗം ഉണ്ടോ എല്ലാ ഓരോ ചട്ടിയാണ്